ഫിർആൌന്റെ ആളുകളുടെയും അവർക്ക് മുൻപുള്ളവരുടെയും രീതി പോലെയാണത് അവർ അള്ളാഹു സുബഹാനഹുവറ്റ ആലായുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചു അതിനാൽ അവരുടെ പാപങ്ങൾ കാരണം അള്ളാഹു സുബഹാനഹുവറ്റ ആല അവരെ പിടികൂടി തീർച്ചയായും അള്ളാഹു സുബഹാനഹുവറ്റ ആല ശക്തനും കഠിനമായ ശിക്ഷ നൽകുന്നവനുമാകുന്നു